വിവാഹിതരായ സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരൊഴികെ ഇത് നിങ്ങളുടെ മേലുള്ള അള്ളാഹു സുബഹാനഹൂവറ്റ് ആലായുടെ നിയമമാണ് അതിനു മറ്റുള്ളവരെ നിങ്ങളുടെ സമ്പത്തുപയോഗിച്ച് വ്യഭിചാരത്തിലല്ലാതെ പരിശുദ്ധമായി വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് അനുവദനീയമാണ് അവരിൽ നിന്ന് നിങ്ങൾ ആസ്വദിച്ചാൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം നൽകുക നിശ്ചയിക്കപ്പെട്ടതിനു ശേഷം നിങ്ങൾ പരസ്പര സമ്മതത്തോടെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെറ്റില്ല തീർച്ചയായും അള്ളാഹു സുബാനഹുവ ചായ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്